രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരെ അവർ ചെയ്ത ചില തെറ്റുകൾ കാരണം ഷെയ്ത്താനാണ് വഴുതി വീഴ്ത്തിയത് എന്നാൽ അള്ളാഹു സുബഹാനഹൂവത്തായാല അവരോട് പുറത്തു തന്നു തീർച്ചയായും അള്ളാഹു സുബഹാനഭൂവത്തായാല ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണ്